യൂടസ്തസ്മേ തപത്തെ ക സോ അനപേന അന്തർ പരശം തൃ സജി തദവ സത്യം ആത്മാനം तप्तं सत्यभिसंद प्रतिह्य तह्येद सय येषोणिमा ശിതോം <iqu> പറഞ്ഞു <in other> <boundaries> <imitation> <imitation> <imitation> <imitation> വിദ്വാൻ സത്സമ്പന്നോത്ത സത്സമ്പന്ന സത്സമ്പത്തിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ടുള്ള സത്സമ്പത്തി കുറിച്ച് ഭാഷകാരൻ പറഞ്ഞു ജ്ഞാനം കൊണ്ടുള്ള സത്സമ്പത്തി അതും പറഞ്ഞു ജ്ഞാനം കൊണ്ടുള്ള സസമ്പത്തിയുടെ പ്രയോജനം ഇതാണ് എന്താണ് ആവർത്തത്തെ ബന്ധനമില്ല ബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നു മറിച്ച് ജ്ഞാനം കൊണ്ട് ആ സസമ്പത്തി സംഭവിച്ചില്ലെങ്കിൽ ബന്ധനമുണ്ട് അതാണ് ആവർത്തി അതിന് ാണ് ദൃഷ്ടാന്തപ പറഞ്ഞത് സുനീത സൗമ്യ എന്ന ഭാഷകാരം വ്യക്തിച്ച് ഒരാൾ മോഷ്ടിച്ചു എന്ന് സന്ദേഹിച്ചു സന്ദേഹിച്ചു പോലീസുകാർ അയാളെ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി ജഡ്ജി പറഞ്ഞു പരീക്ഷിക്കാം ജഡ്ജി പറയുന്നതൊക്കെ എന്താണ് പരശ്യം അസ്മീ തപത്തെതിർത്തതിമാനോലേ സ്വാൻത അഭിസന്ധോ അനുദിനത്മാനോ അന്തായ പരശ്യം തപ്തം പ്രതിഗ്ഹാതി അഥഹന്യത അഥയർത്ത സത്യം ആത്മാനം ഗുരുദേശ സത്യാഭിസന്ധ സത്യനാത്മാനം അന്തർധായ പരസ്യ തപ്തം പ്രതികൃണാതി ഇത് ഇത്രയും ശ്രുതിയുടെ വചനമല്ല ജഡ്ജി പറയുന്നതാണ് ഈ കള്ളം കേക പറയാണ് ശരി ഒരു പരസ്യം മഴ ചൂടാക്കുക ഇവന്റെ മുമ്പിൽ വയ്ക്കാം അവൻ സത്യം പറയുന്നവനാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ അവൻ ഇതിൽ പിടിച്ചാൽ അവനെ പൊള്ളിക്കത്തില്ല ഇത് അഗ്നി ദഹിപ്പിക്കത്തില്ല മറിച്ച് അവൻ കള്ളനാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ അവനെ പൊള്ളിക്കും ഇത് കള്ളന്റെ മുമ്പിൽ പറയാണ് ചേച്ചി അഥൈദ്യർമ്മ ആകർത്താ ഭവതി പരസ്യം അസ്മി തപത്ത ഇതൊരാജ്ഞയാണ് വേണ്ടി ഇതിനെ മഴ പഴിപ്പിക്കൂ ഇത് ജഡ്ജിയുടെ ആജ്ഞയാണ് ജഡ്ജ്മെന്റ് ആണ് ഇപ്പോ തന്നെ പരീക്ഷിക്കാന് കൊണ്ടുപോയി തടവിലിടേണ്ട കാര്യമൊന്നും വിചാരണ ഇപ്പൊ തന്നെ നടത്താം എന്ന് പറയുന്നു രണ്ടു തരത്തിൽ പറയും ഒന്ന് ചിലപ്പോ ശ്രുതി നേരിട്ട് കാര്യം പറയും ഇത് ശ്രുതി നേരിട്ടല്ല പറയുന്നത് ജഡ്ജിയിലൂടെ പറയുന്നു ജഡ്ജിയെ കൊണ്ട് പറയുകയാണ് കള്ളന്റെ മുമ്പിലാ പറയുന്നത് അപ്പൊ ഇതിന്റെ വാച്യാർത്ഥത്തെ എടുക്കൽ വാച്യാർത്ഥം എങ്ങനെ അതിയേതി തസ്യ കർമ്മണം അകൃത്താഭവതി അവനത് ചെയ്തിട്ടില്ല എങ്കിൽ മോഷണം തദൈവ സത്യം ആത്മാനം ഗുരുദേ എന്നിട്ട് പറയുന്നു എന്താണുവിടെ പറഞ്ഞത് അപഹാഷി തേം അകാഷി ഇത്തരം അപഹ്നതയെ നാഹംബദ് കർത്ത എന്ന് പറയുകയാണ് ഞാനത് ചെയ്തിട്ടില്ല സത്യമാണോ അസത്യമാണോണ്ട് കേൾക്കുന്നവർക്കറിയത്തില്ല അവൻ പറയാണ് അങ്ങനെ നിങ്ങൾ സംശയിച്ചോ പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അന്ന് പറയുന്നു അകടത്താ പോയി തഥൈവ സത്യമാത്മാനും ഗുരുതേ പക്ഷേ അവൻ ചെയ്തിട്ടാണത് പറയുന്നതെങ്കിലോ കള്ളൻ ചെയ്തിട്ടും പറയും കള്ളൻ സത്യം പറയുന്നവനെക്കാളും സമർത്ഥന അതുകൊണ്ട് പിന്നെ യാതൊരു പൂസനും കൂടാതെ പറയും നാഹം തത്കർത്ത അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ദിവസ സത്യേന തയ സൈന്യകർത്തൃതയാ ആത്മാനം അന്തർധായ പരസ്യം തപ്തം പ്രതികൃണാതി ജഡ്ജി പറയുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ ആ കള്ളത്തെ മറച്ചു വച്ചിട്ട് ആത്മാനം അന്തർദ്ധായ സ്വയം തനിക്ക് തന്നെ ഒരാണത്തെ ഉണ്ടാക്കുന്നു തന്നെ അസത്യത്തിൽ ഒളിപ്പിക്കുന്നു തന്റെ വാസ്തവസ്ഥിതിയെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആത്മാനം അന്തർദ്ധായു കള്ളം കൊണ്ട് തന്നെ മറയ്ക്കുന്നു തത്വം പ്രതിജ്ഞാതി സത്യഭിസന്തസേ ജഡ്ജി പറയും ജഡ്ജി പറയുന്നതായിട്ട് മനസ്സിലാക്കണമെങ്കിൽ തെറ്റു പറയാണ് അവനിങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ദഹിക്കും മറിച്ചാണെങ്കിലും എന്നെ ദഹ്യത സത്യവ്യോധാന അവൻ സത്യം കൊണ്ടാണ് തന്നെ ആഭരണം ചെയ്യുന്നതെങ്കിൽ അവനെ ഇത് ദഹിപ്പിക്കത്തില്ല അഥ മുച്ച അതാണ് അവന്റെ മോചനം അഭിയോക്തർ ആരോപണങ്ങളിൽ നിന്നും അവൻ മുക്തനായിത്തീരുന്നു ഇവിളിപ്പോ ഇവനെതിരായിട്ട് പരാതി കൊടുത്തവര് മാത്രമല്ല പോലീസുകാരും പറയാണ് ഇവൻ തന്നെ എന്തുകൊണ്ട് ആവരണം ചെയ്യുന്നു സത്യം കൊണ്ടോ അസത്യം കൊണ്ടോ സത്യം കൊണ്ടാണ് അവൻ ആവരണം ചെയ്യുന്നതെങ്കിൽ ഇവൻ ഇതിൽ നിന്നെല്ലാം മുക്തനായിത്തീരും മറിച്ചാണെങ്കിലോ അവൻ രണ്ടടുത്തും സമന്ത അവനെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കള്ളൻന്ന് സംശയിച്ചവന് രണ്ടിടത്തും തുല്യമാണെങ്കിലും സ്ത്രേയ കളത്രു അകത്രോ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട് സ്ഥിരം ചെയ്തവൻ ചെയ്യാത്തവൻ ചെയ്തവനും ചെയ്യാത്തവനെന്നുള്ള വ്യത്യാസമുണ്ട് അനത് അഭിസന്ധോ ദഹിയത് അതിന് കള്ളം പറഞ്ഞവൻ ദഹിക്കും എന്നത് സത്യ സത്യം പറഞ്ഞവൻ ദഹിക്കത്തില്ല ഇത് ആ കള്ളന്റെ മുമ്പിൽ ജഡ്ജി പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയ അതിന് യാതൊരു ആശയക്കുഴപ്പമില്ല മറിച്ചാണെങ്കിൽ ഇതിനാശയക്കുഴപ്പം വരും മറിച്ചാണ് സാധാരണ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു സിദ്ധാന്തമായിട്ട് തപ്ത പരശുവിനെ കള്ളം പറഞ്ഞവൻ യാണെങ്കിൽ പൊള്ളും സത്യം പറഞ്ഞവനാണെങ്കിൽ പൊള്ളത്തില്ല എന്നുള്ള ഒരു ശ്രുതിയുടെ തത്വമായിട്ടെടുക്കുകയാണെങ്കിൽ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇത് അസംബന്ധമായി പോയി പറയുന്നതല്ല അദ്വൈതത്തിൽ തന്നെ ആൾക്കാർക്ക് വിശ്വാസം കാരണം ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ പറഞ്ഞിട്ടാണ് അദ്വൈതം പഠിപ്പിക്കുന്നത് ഈ ഉദാഹരണം തന്നെ ശരിയല്ല ഇതിലൂടെ എങ്ങനെ പറയുന്ന സിദ്ധാന്തം എങ്ങനെ ഉള്ളത് ശ്രുതിയുടെ ഒരു തത്വകഥനമായിട്ട് എടുക്കരുത് മറിച്ച് കള്ളൻ്റെ മുമ്പിൽ ജഡ്ജി പറയുന്ന ഒരു ന്യായമാണ് കള്ളനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് ഇതാണ് ഇതിൻ്റെ കാര്യം നീ സത്യം പറയണം സത്യം പറഞ്ഞാൽ നിന്നെ അത് പൊള്ളിക്കത്തില്ല കള്ളൻ പറഞ്ഞാൽ പൊള്ളിക്കും ഏതുപോലെ എന്താ ഒരു കൊച്ചുകുട്ടിയെടുത്ത് അങ്ങനെന്തെങ്കിലും ഒരു കള്ളൻ ചെയ്തേക്കോ അവൻ്റെ മാതാവോ പിതാവോ അവൻ്റെ വിരലെ പിടിച്ച് തീയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയണം നീ സത്യം പറ സത്യം പറഞ്ഞാൽ നിന്ന വിടാം അല്ലെങ്കിൽ നിന്നെ പൊള്ളിക്കും അപ്പോൾ തീ തൊട്ടാ പൊള്ളൂ എന്നുള്ള ഭയം കൊണ്ട് കുട്ടി സത്യം പറയും കാരണം അവനറിയാം സത്യം പറഞ്ഞാലേ എന്നെ രക്ഷപ്പെടുത്തത്തുള്ളൂ ഇത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ജഡ്ജി പറഞ്ഞായിട്ടെടുക്കണം സിദ്ധാന്തമായിട്ട് എടുക്കരുത് കള്ളന്റെ മുമ്പിൽ ജുജി പറയുന്നു കാരണം പറയുന്നത് നമ്മൾ ശ്രുതിയുടെ അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ ശ്രുതിയുടെ താല്പര്യത്തെ എടുക്കുന്നു ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളിലെല്ലാം ഇങ്ങനെ പറയുന്നത് നമ്മൾ സാറിന് പറയുന്നു മനഃശാസ്ത്രമാണ് കള്ളനോട് പറയുന്നു നീ സത്യമാണോ നിൻ ഇത് കൊള്ളത്തില്ല അസത്യമാണോ തൊട്ടാ ഈ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ കള്ളൻ സമ്മതിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യുന്നതുപോലെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്ന ഇതുപോലെ തന്നെയാണ് അത്രേ ഉള്ളൂ ഇതൊരു ചോദ്യം ചെയ്യലാണ് പോലീസ് മുറ ചില അടിക്കുകയും പിടിക്കുക ചെയ്യും അത് പാടില്ലെന്നാണ്ടെന്ന് പറയുന്നു ഇത് മനഃശാശ്രപരമായി പറയുന്നു സത്യം പറയും സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കള്ളന് മനസ്സിലാവും ഞാൻ കള്ളനാണെങ്കിൽ ഓ പറയും എന്താണോ അയ്യോ എന്നെ കൊണ്ടത് ഈ പിടിപ്പിക്കരുതേ ഞാനത് ചെയ്തതാണ് മറ്റേ സത് മോക്ഷിച്ചിട്ടില്ലാത്തതെങ്കിൽ പറയും ഞാൻ പിടിക്കാൻ തയ്യാറാണ് ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പിടിക്കേണ്ട ആവശ്യമാണ് പിടിച്ചാൽ കൊള്ളൂ എന്ന് പറയുന്ന ആര് ജഡ്ജിയാ പറയുന്നത് ഇതിൻ്റെ താല്പര്യം എന്താണ് കണ്ണനെ കൊണ്ട് സത്യം പറയുക ഇടിച്ചും അടിച്ചുമൊക്കെ സത്യം പറയിക്കാം അല്ല ഇങ്ങനെയും പറയിക്കാം അല്ലാതെ ഇതിൽ സത്യം പറയുന്നവൻ തീ തൊട്ടാ എന്ന് പറയുന്നത് അദ്വൈതത്തിൽ യോജിക്കുന്ന കാര്യമില്ല കാരണം തത്വജ്ഞാനി ആയാലും ശരി തീ തൊട്ടാപ്പൊള്ളു സ്വഭാവം കാണിക്കും അത് ജ്ഞാനി എന്നോ അജ്ഞാനി പിന്നെയാണ് ഒരു സത്യം പറയുന്നവന് തീ പൊള്ളിക്കാതിരിക്കുന്നു അതല്ല പിന്നെ ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇത് ജഡ്ജിയുടെ വച വചനമാണെന്നും മനസ്സിലാക്കാതെ ചിലർ വ്യാഖ്യാനിക്കുന്നത് ഇതൊക്കെ ശരിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അപ്പൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു അന്നിങ്ങനെ ഇതൊന്നും സത്യമുള്ള കാലമായിരുന്നു ഈ പറയുന്നു സത്യ സത്യയുഗമെന്നോ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു കള്ളനെ ഇരുമ്പ് പഴിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊള്ളത്തില്ല അല്ലാത്ത കള്ളൻ പൊള്ളും സത്യം പറഞ്ഞാൽ പൊള്ളത്തില്ല അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു അതാണ് ഇന്നത്തെ സ്വാമിമാർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞു അത് ശരിയല്ല കാരണം ഇവിടെ ജഡ്ജിയുണ്ട് പോലീസുണ്ട് കള്ളനുണ്ട് ഇതാണ് സത്യയുഗം സത്യയുഗത്തിൽ ഇവരെല്ലാം ജഡ്ജിയുടെ ആവശ്യം തോന്നുന്നു പോലീസിന്റെ ആവശ്യം തോന്നുന്നു സത്യയുഗത്തിന് അപ്പൊ ഇന്നത്തെ ഏർപ്പാടുകളെല്ലാം ഉള്ള ഒരു കാലം തന്നെ ഈ പറയുന്നു അത് വേറെ ഒരു യുഗമൊന്നുമല്ല അങ്ങനെ ഒരു ജഡ്ജിയും കാണത്തില്ല പോലീസും കാണത്തില്ല കള്ളന്മാർക്ക് പണിയും കാണത്തില്ല ഇതങ്ങനെയല്ല ഇത് അധികം പഴക്കമില്ലാത്ത കാലമാണ് ആ അപ്പൂപ്പന്മാരുടെ കാലം എന്ന് പറയാം അപ്പോൾ ഇത്രേയേ ഉള്ളൂ ഇതിന്റെ താല്പര്യം താല്പര്യം മനസ്സിലാക്കും പറയുന്നു നിന്നിൽ സത്യം ഉണ്ടെങ്കിൽ ഈ സത്യം പറയണം കാരണം ഒരാളും നൂറ് ശതമാനം കള്ളനല്ലോ ഒരുത്തൻ ജീവനെ പേടിച്ചെങ്കിലും അവൻ സത്യം പറയും അപ്പൊ കള്ളനും കുറെ സത്യം കാണും സത്യമുള്ളവരിനും കുറച്ച് കള്ളം വരും ഇതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ മത്സാണെന്ന് പറയൂലേ മനസാക്ഷി ഈ മനസാക്ഷി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളനാണെങ്കിലും സത്യം പറയും അതൊന്ന് പരീക്ഷിക്കുകയാണ് ഇതാദ്യത്തെ പരീക്ഷ ഇതിന് സത്യം പറഞ്ഞുണ്ടെങ്കിൽ രണ്ടാമത് അടി കൊടുക്കും അടി കൊടുത്തത് സത്യം പറയിക്കും അതിനാണ് പോലീസുകാർ നിൽക്കുന്നത് ആദ്യത്തെ മനഃശാസ്ത്രപരമായ പരീക്ഷണോ സത്യം പറയുക അല്ലെങ്കിൽ പൊള്ളു അത് കേൾക്കുമ്പോൾ പോലീസുകാരും അടുത്ത് നിൽക്കുകയാണ് ഇവർ പിടിച്ച് കയ്യതി വെക്കും പൊള്ളണം പൊള്ളുന്നതിന് പക്ഷം സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നെ രണ്ട് ശിക്ഷയാവും ഒന്ന് മോഷ്ടിച്ചേനു പിന്നെ രണ്ടാമത് കള്ളം പറഞ്ഞു പിന്നെ കൈയും പൊള്ളേണ്ടി ജയിലിലും കിടക്കണം അടിയും കിട്ടണം അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് സത്യം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറയും ശരി ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞു ചെയ്തു ഇത്തരത്തില് ആ കള്ളന്റെ മുമ്പിൽ പറയുന്നതാണ് ഇത് ഇനി എന്താ എൻ്റെ താല്പര്യം പറയുന്നെന്താണ് ആ സത്യനിഷ്ഠ ഉള്ളവനാണെങ്കിൽ ഇവിടെ ഭാഷകാരൻ തുടക്കത്തിൽ പറഞ്ഞു എന്തിനു വേണ്ടി കഥ പറയുന്നു അതായത് സത്യമുള്ളവനെ തീ പൊള്ളിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ ഒരു ഭൗതിക സത്യം പറയാൻ വേണ്ടിയിട്ടല്ല മനസ്സെന്താണ് പറഞ്ഞു തുടങ്ങിയത് വിദ്വാൻ സസമ്പന്നൻ ആവർത്തത ആവർത്തത അതിനാണ് പ്രാധാന്യം സത്യം ഉള്ളവന് ബന്ധനമില്ല സത്യമില്ലാത്തവന് ബന്ധനമുണ്ട് ഈ ദൃഷ്ടാന്തത്തിന് അത് തന്നെ അത്ര മാത്രമേ സ്വീകരിക്കാവൂ ദൃഷ്ടാന്തത്തെ അതുപോലെ എടുക്കരു ഇവിടെ കള്ളൻ സത്യം പറയുകയാണെങ്കിൽ അവന് ബന്ധനമില്ല ശിക്ഷയില്ല തുറന്ന് സമ്മതിക്കുന്നു ഇപ്പോഴും അങ്ങനെയാണല്ലോ സത്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം എന്ന് പറയും അല്ല അവൻ അസത്യമാണ് പറയണമെങ്കിൽ അവന് ബന്ധനമുണ്ട് ആ ഒരു അംശത്തെ മാത്രം എടുക്കൂ മോഷ്ടിച്ചു പറഞ്ഞാൽ അത് സത്യമാണ് മോഷ്ടിച്ചതെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ മോഷ്ടിക്കുന്നത് അസത്യമാണ് പട്ടെ മോഷ്ടിച്ചു എന്ന് പറയുന്നത് സത്യമാണ് ഞാൻ മോഷ്ടിച്ചു അസത്യം പറയുകയാണ് അപ്പൊ സത്യം പറഞ്ഞാൽ എന്താണ് അവൻ പൊള്ളത്തില്ല അസത്യമാണ് പറയുന്നതെങ്കിലോ അവന് ശിക്ഷ ഉണ്ടാവും ഒരു യോഗ്യമായ ശിക്ഷ ബന്ധനം എന്തെന്ന് വെച്ചാൽ അതുകൊണ്ട് അപ്പൊ എന്നുള്ളതിനാണ് അതിനാണ് പ്രാധാന്യം അത് മനസ്സിലാക്കണമെങ്കിൽ ബാക്കി പറയുന്നതൊക്കെ ജഡ്ജിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കണം എന്താണ് സഹ സത്യഭിസന്ധ തപ്തപരസുഗ്രഹകർമണി സത്യവഹിത ജഡ്ജി പറയുന്നു ഈ തപ്തപരശുവിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ സത്യ അസത്യം നിന്നെ രക്ഷിക്കും നിസത്യം ഉള്ളവനാണെങ്കിൽ നിന്നെ പൊള്ളിക്കത്തില്ല കള്ളനോട് പറയണത് നീ സത്യം തുറന്നു പറയാൻ നിന്നെ പൊള്ളിക്കത്തില്ല ശരിയാണല്ലോ അവൻ സത്യം പറഞ്ഞാൽ പറയുന്നു ഞാൻ തന്നെ മോക്ഷിച്ചത് യജമാനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരി വിട്ടിരിക്കുന്നു പിന്നെ എങ്ങനെയാവാൻ പൊള്ളുന്നത് എന്നോലെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സത്യത്തിനാണ് പ്രാധാന്യം അല്ല ഈ ദൃഷ്ടാന്തത്തില് കള്ളനെ പരീക്ഷണമെന്നുള്ളതിന സത്ബ്രഹ്മ സത്യാഭിസന്ധി ഇത്തരയോഹോ ശരീര തുല്യായം സത്സമ്പത്തോ അതെടുക്കുക സത്യം പറയുന്നവൻ ബന്ധനത്തിനൊന്നും മോചിതനാകുന്നു അതുപോലെ സത്ബ്രഹ്മിസന്ധി ഇത്തരയോഹോ ചർച്ച ചെയ്യുന്ന എന്തിനാണ് ഇവിടെ പറഞ്ഞ സ്വാഭാവികമാണ് അതിലൊരു സാധന ആവശ്യമുണ്ട് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആണ് ഭാഷകാരം ചർച്ച ചെയ്തത് എവിടെ സുശക്തിയിൽ അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ആവശ്യം തോന്നുന്നു ജ്ഞാനത്തിന്റെ ആവശ്യം തോന്നുന്നു ചോദിച്ചു ജ്ഞാനിയും അച്ഛനും തമ്മിൽ എന്താ വ്യത്യാസം എല്ലാവരും ഉറങ്ങത്തി ഉറക്കത്തിൽ എല്ലാവരും ഉറങ്ങുന്നു എല്ലാവർക്കും സത്സമ്പത്തും ഭേദം വേണ്ടേ ശാസ്ത്രത്തിന് ഉപയോഗം വേണ്ടേ ഗുരുവിന്റെ പ്രയോജനം എന്താണ് സാധന എന്തിനാണ് അതിന് പറഞ്ഞെന്താണ് സത്ബ്രഹ്മസ്യഭിസന്ധി ഉറക്കത്തിലോ അസുഷുദ്ധിയോ ചെയ്ത എടുക്കുക സത് ബ്രഹ്മസത്യാഭിസന്ധി സത്യനിഷ്ഠയുള്ളവൻ ഇവിടെ സത്യം എന്ന് പറയുന്നത് സത്യം പറയുകയല്ല സത്ബ്രഹ്മ സത്യാഭിസന്ധി സത്താകുന്ന ബ്രഹ്മ സദൈവസ്വാതമഗ്രഹാസിന്ന് പറഞ്ഞാൽ സത്ബ്രഹ്മബോധം അതാണ് ഇവിടുത്തെ സത്യം അഷ്ടാന്തം കള്ളന്റെ സത്യം സത്ബ്രഹ്മസ്യാഭിസന്ധി ആ സദ്ബ്രഹ്മ നിഷ്ഠ ഇത്രയോ സാധാരണ ജീവന്മാർ നേരത്തെ പറഞ്ഞോളൂ വ്യാക്രൂവ മശക്കൂവ ശിംഭവ വരാകോവ ഏത് ജീവൻ ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ട് ഒന്ന് സത്യനിഷ്ഠ ഉള്ളവൻ മറ്റൊന്ന് ഇതരൻ ശരീരപാതകാലും തുല്യായം സസമ്പത്തും രണ്ടുപേർക്കും ശരീരപാതകാലമോ അല്ലെങ്കിൽ സുഷുപ്തിയോ എവിടെയാലും സസമ്പത്തി തുല്യം തന്നെ നേരത്തെ പറഞ്ഞു ഉറക്കത്തിൽ വ്യത്യാസമില്ല ജ്ഞാനീന്നോ അജ്ഞാനീന്നോ ജ്ഞാനിക്ക് സ്പെഷ്യൽ ഉറക്കമൊന്നുമില്ല പ്രകാശമുള്ളവർക്ക് വെളിച്ചമുള്ളവർക്കങ്ങനെയൊന്നുമില്ല ശരീരപാതത്തിലും വ്യത്യാസമൊന്നുമില്ല ശരീരപാതകാലേക്ക് തുല്യായം സത്സമ്പത്തും ജ്ഞാനി മരിച്ചാലും അജ്ഞാനി മരിച്ചാലും മരണം ഒരുപോലെ അവിടെ സത്സമ്പത്തിക്ക് വ്യത്യാസമൊന്നുമില്ല പക്ഷേ വിദ്വാൻ സസമ്പത്തി എന്ന പുനർവ്യാക്രദേഹാതിദേഹഗ്രഹണായ ആവർത്തതേ പക്ഷേ തത്വാനിക്കും പ്രത്യേകതയുണ്ട് വിദ്വാൻ ആരാണി വിദ്വാൻ മരണത്തിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ മൂർച്ചയിലോ ഒന്നുമില്ല ഈ ജാഗ്രത്തിൽ ഈ സത്യത്തെ ഗ്രഹിക്കുന്നവൻ അങ്ങനെയുള്ള വിദ്വാൻ സത്സമ്പദ് ആ സത്യനെ പ്രാപിച്ചിട്ട് അവിടെ ജാഗ്രത്തിൽ തന്നെ സത്സമ്പത്തി വിദ്വാൻ സുഹൃത്തിക്ക് പോകേണ്ട കാര്യം മരണത്തിലും പോകേണ്ട കാര്യമില്ല ഇനി മരണത്തിലേക്ക് പോയാലോ എന്നാ പുനർവ്യാഖ്രീ ദേഹഗ്രഹണായ ആപർത്തത്തെ വീണ്ടും ഈ ശരീരഗ്രഹണത്തിന് വേണ്ടി വീണ്ടും ജനിക്കുന്നില്ല അപ്പൊ സത്യമുള്ളവന് ബന്ധനമില്ല അതാണ് ശ്രുതി കഥയിലൂടെ വെളിപ്പെടുത്തുന്നത് ശ്രുതി എന്ന് വെച്ചാൽ ജഡ്ജി പറയുന്നത് ഈ സത്യം പറഞ്ഞാൽ നിനക്ക് ബന്ധനമില്ല ആ അംശമാണ് എടുക്കേണ്ടത് അപ്പോൾ ശ്രുതി പറയുന്നതിൽ അസംബന്ധം തോന്നത്തില്ല അപ്പൊ കള്ളനതനുസരിക്കുകയാണെങ്കിൽ അവൻ സത്യം പറയുന്നു എന്താണ് ഞാൻ മോഷ്ടിച്ചവൻ തന്നെ പറയുന്നു ശരിതെന്നെ മോചിപ്പിക്കുക സത്യം പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ശിക്ഷ ലഘൂകരിക്കാം എന്തെങ്കിലും ചെയ്യും എന്തായാലും അവൻ്റെ കൈ അവനെ ഭീതിപ്പെടുത്തുന്ന കാര്യം അത് സംഭവിക്കത്തില്ല അപ്പൊ ആ ഒരു താൽപ്പര്യത്തെടുത്ത് അതുപോലെയാണ് സത്യം പറയുന്നവൻ എങ്ങനെയാണോ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നത് ലൗകികമായ ദൃഷ്ടാന്തത്തിൽ എന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് ആ ദൃഷ്ടാന്തത്തിൽ തന്നെ അവൻ സത്യം പറയുന്നു ജഡ്ജിക്ക് ബോധ്യപ്പെട്ട് ശരി ഇവൻ സത്യം പറഞ്ഞവനാണ് കള്ളൻ ചെയ്തിട്ട് സത്യം പറഞ്ഞവനാണ് അതുകൊണ്ടവൻ്റെ ശിക്ഷ ലഘൂകരിക്കുന്നു അല്ലെങ്കിൽ അവനൊരു താ ഒരു വാർണിംഗ് കൊടുത്തവങ്ങ് ഒരു താക്കീത് കൊടുത്തവന് വിടാം ഇവൻ എന്തായാലും അവൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു അതുപോലെ ഇവിടെ സുഹൃത്തിയിലോ മരണത്തിലോ ഒക്കെ സർവ്വ ജീവന്മാർ സത്സമ്പത്തിയെ പ്രാപിക്കുന്നുണ്ടെങ്കിലും ആരാണോ സത്യ അഭിസന്ധിയായിരിക്കുന്ന ജാഗ്രത്തിൽ അവന് ബന്ധനമില്ല അവൻ മോചിക്കുന്നു അത് എല്ലാ അർത്ഥത്തിൽ വീണ്ടും മരണമില്ല എന്നുള്ള അർത്ഥത്തിൽ ജീവൻ മുക്തിയിലും യോജിപ്പിക്കും അപ്പോ സത്യബോധമുള്ളവനെ അവന് നേരത്തെ ഭാഷകാലം പറഞ്ഞല്ലോ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനെ ബന്ധിക്കുന്നില്ല ജാഗ്രതയിൽ തന്നെ അവൻ മുക്തനായിരിക്കുന്നു കർമ്മങ്ങളുടെ ഫലമായ അവന് ജന്മത്തെ സ്വീകരിക്കേണ്ടി വരുന്നില്ല ഇതെല്ലാം മുമ്പ് ഭാഷക്കാരും ചർച്ച ചെയ്തു എങ്ങനെ അവന് മോചനം സംഭവിക്കുന്നു സ്വദുഖങ്ങൾ ആത്യന്തികമായി അവനെങ്ങനെ ബാധിക്കാതിരിക്കുന്നു ആ സ്വരൂപജ്ഞാനത്തിൽ പ്രപഞ്ചത്തെ അവൻ എങ്ങനെ അനുഭവിക്കുന്നു മുക്തന്റെ മനോനില എന്താണ് ബദ്ധന്റെ മനോനില എന്താണ് ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നേരത്തെ ചർച്ച ചെയ്താണ് ആ രീതിയിൽ നോക്കിയാൽ ജീവൻ മുക്തി എന്നുള്ള ആശയത്തെ എടുത്തു നോക്കിയാലും ഞാനി മുക്തനായിരിക്കുന്നു മരണശേഷവും ഞാനിക്ക് മുക്തി തന്നെ ബന്ധനമില്ല എന്നർത്ഥം മറിച്ചാണെങ്കിൽ അവിദ്വാംസ്തു വികാരസന്ധ വികാര അനദത്തിനോട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു ശരീരേം ശരിയാണ് കർണങ്ങളോട് കാര്യത്തോട് താതാന്യത്തെ പ്രാപിച്ചിരിക്കുന്നവൻ അജ്ഞൻ പുനർവ്യാഘ്രാദിഭാവം ദേവതാദിഭാവം വായി യഥാകർമ്മ യഥാശ്രുതം പ്രതിപദ്ധ്യത വ്യാഖ്രാദിഭാവം അവന്റെ കർമ്മങ്ങളനുസരിച്ച് യഥാകർമ്മ ദേവതാദിഭാവം യഥാശ്രുതം ശ്രുതംന്ന് ചൊവാസം അവന്റെ ഉപാസനകൾക്കനുസരിച്ച് അവൻ ദേവതാദിഭാവത്തെ പ്രാപിക്കാം അവന്റെ അവന്റെ കർമ്മത്തിനനുസരിച്ച് വ്യാക്രാതിഭാവത്തെ പ്രാപിക്കാം സതാണ് ജഡ്ജി പറയുന്നത് നീ സത്യം പറയുന്നോ നീ മോചിക്കും അസത്യം പറഞ്ഞോ നീ ബന്ധിക്കും അത് എന്നിവിടെ സത്യ സത്യനിശ്ചയമുണ്ടോ ആത്മബോധമുണ്ടോ സ്വരൂപ ബോധമുണ്ടോ ഇനി മോചിക്കുന്നു അല്ലെങ്കിൽ നിന്റെ അജ്ഞത കൊണ്ട് അനടത് അഭിസന്ധി അനൃത് നിശ്ചയം എന്ന് പറയുന്നത് ഇതാണ് ആത്മബോധമില്ലാതിരിക്കുക ശരീരാതി ഭാവങ്ങളോട് മനസ്സുകൊണ്ട് താതാന്യപ്പെടുക അഹം അമ എന്നുള്ള ബോധത്തിൽ ജീവിക്കുക ചിന്തിക്കുക കർമ്മം ചെയ്യുക ഉപാസന ചെയ്യുക അതിന്റെ എല്ലാം ഫലം എന്താണ് ഒന്നുകിൽ വ്യാഘ്രാദിഭാവം അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ദിവ്യമായ ദേവതാദിഭാവം ഇതെന്തായാലും ജന്മമാണ് ബന്ധനമാണ് അതാണ് ശ്രുതിയുടെ താല്പര്യം അതില് സംശയം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു അല്ല കഥയെ കഥയായിട്ട് എടുക്കരുത് കഥയിലുള്ള ഒരു കഴമ്പ് കാണും അതിനെടുക്കണം निसंधि मोक्ष बने मूल जगदना यदिष्ठा से सर्व प्रजा यदात्मक ये आजम भय शिव त्यम सात्व അതത്വം അസിം അസഹൃത് വാക്യം എന്താണ് അതിന്റെ താല്പര്യം യഥാത്മാഅിസംബന്ധി ആത്മ അഭിസം അഭിസന്ധി ഇതാണ് ഇവിടെ ശ്രുതിയുടെ എന്ന് പറയുന്നത് കഥയുടെ പിറകെ പോകരുത് തപ്തപരസ്യവും കള്ളനും പൊള്ളനും പൊള്ളിക്കാത്തതും അതിൽ നിന്നും ശ്രുതി പറയുന്നു ജഡ്ജി പറഞ്ഞവര് സാധാരണ കാര്യം അതിനെ ശ്രുതി പറഞ്ഞായിട്ട് ധരിക്കുമ്പോഴാണ് ശ്രുതി സിദ്ധാന്തമായിട്ട് എടുക്കുമ്പോഴാണ് ഇവിടെ ആശയക്കുഴപ്പം യുക്തിക്ക് നിരക്കാതെ യുക്തിക്ക് നിരക്കാത്ത കാര്യം ശ്രുതി പറഞ്ഞാലും സ്വീകരിക്കണ്ടെന്നാണ് ശങ്കരാചാര്യന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രുതി പറഞ്ഞാലും സ്വീകരിക്കാമേന്ന് പറഞ്ഞാൽ പിന്നെ ശങ്കരാചാര്യം പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും പറ്റത്തില്ല അപ്പൊ പിന്നെ അതിന്റെ താല്പര്യം എന്തെന്ന് നോക്കണോ അതെന്താണ് ഇവിടെ പറയുന്നത് ഏത് ആത്മാഭിസന്ധി അനഭിസന്ധികളുടെ ഇതേ മോക്ഷബന്ധന ഇതാണ് ഈ കഥയുടെ താല്പര്യം ഒന്ന് സത്യനിഷ്ഠ ആത്മ അഭിസന്ധി എന്ന് വെച്ചാൽ സത്യനിഷ്ഠ മറ്റൊന്ന് അനഭിസന്ധി സത്യനിഷ്ഠ ഇല്ലാതിരിക്കുകയോ ജീവൻ ജീവൻ എന്ന് പറയുമ്പോ തന്നെ ആ ശബ്ദം കൊണ്ട് തന്നെ എന്താണ് ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു കള്ളനാണ് പക്ഷെ ആ ജീവന് സത്യാഭിസന്ധി വരാം എന്നുവെച്ചാൽ ആത്മബോധം കള്ളനാണെങ്കിലും ജീവൻ കള്ളനാണല്ലോ എന്തുകൊണ്ട് അജ്ഞാനം അനർഥം അതിനാണ് അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു ഈ താതാത്മ്യം ദേഹ താതാത്മ്യം അതിനോട് അനുബന്ധിയായി വരുന്ന ഈ പ്രപഞ്ച പ്രതീതി ഇവിടെ ജനനം മരണം വ്യവഹാരം ഇതൊക്കെയാണ് ഇവന്റെ കള്ളത്തരം എന്ന് പറയുന്നത് ജീവന്റെ അപ്പോ അവിടെ ജഡ്ജിയുടെ സ്ഥാനത്ത് പറയുന്നത് ഗുരുവാണ് പറയുന്നത് നീ സത്യത്തെ പിന്തുടർന്നാൽ സത്യം പറഞ്ഞാൽ സത്യാഭിസന്ധി ആകുകയാണെങ്കിൽ അന്ന് നിനക്ക് മോചിക്കാം എന്ന് പറയുന്നു അതിൽ അയുക്തിയൊന്നുമില്ല സത്യ യഥാത്മാഭിസന്ധി അനഭിസന്ധി മറിച്ച് നീ ഈ കള്ളത്തരത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ീ ദേഹത്താതാത്മ്യത്തിൽ അനടുത്ത അഭിസന്ധിയിൽ ഇതിനെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നീ പോവുകയാണെങ്കിൽ ബന്ധനം തന്നെ മറിച്ചാണെങ്കിൽ ആത്മബോധം കൊണ്ട് നിനക്ക് മുക്തനാവും മറിച്ച് ബന്ധനമാണ് എച്ച മൂലം ജഗതോ ഇവിടത്തെ സത്യം എന്ന് പറയുന്നത് എന്താണ് ഒരു കള്ളൻ പറയുന്ന സത്യമാണ് ഇവിടത്തെ സത്യ അഭിസന്ധി എന്ന് എച്ച മൂലം ജഗതു ഇവിടുത്തെ സത്യം എന്ന് പറയുന്നത് ജഗത്തിന് കാരണമായിരിക്കുന്ന സത്യമാണ് അതിൻ്റെ ബോധമാണ് അല്ലാതെ വ്യാവഹാരികമായി നിങ്ങൾ കള്ളം പറയുന്നു സത്യം പറയുന്നോ എന്നുള്ളതല്ല വ്യാവഹാരികമായി സത്യം പറയുന്ന ഒരു സാധനമാണ് നല്ല സാധനമാണ് പക്ഷെ വ്യാവഹാരികമായി സത്യം പറയുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ആത്മബോധം ഉണ്ടാകുകയോ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുകയോ ഒന്നും സാധ്യമല്ല ശ്രേഷ്ഠമായൊരു സാധനയാണ് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അന്ധക്കണ്ണശുദ്ധി അന്ധക്കണ്ണശുദ്ധിക്ക് വേണ്ടി അത്ര ഒരു സാധനം ഇവിടെ തത്വമസിയിൽ ഇവിടെ അവസാനം അതിന്റെ അതിനുപസംഹരിക്കുകയാണ് കാരണം ഇവിടെ പറയും തദ്ഹാസ്യ വിജജ്ഞവും ഇതുകൊണ്ട് തന്നെ കാര്യം പഠിയിട്ടുണ്ട് ഇവിടെ പറയുന്നത് ആത്മബോധം ആകുന്ന സത്യബോധത്തെ കുറിച്ചാണ് പറയുന്നത് അല്ല സാധാരണ പറയുന്ന സത്യം പറിച്ചതിനെ കുറിച്ചല്ല അപ്പൊ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക സത്യം അസത്യം സത്യം പറഞ്ഞ പൊള്ളത്തില്ല അസത്യം പറഞ്ഞ പൊള്ളുക അതല്ല ഇവിടെ പൊള്ളുക എന്ന് പറയുന്നത് ബന്ധന സത്യ നിഷ്ഠനാകുക സത്യ എന്ന് പറയുന്നതാണ് ആത്മബോധം അങ്ങനെയാണ് ഭാഷകാരനതിനെ ഉപസംഹരിക്കുന്നത് എച്ച് മൂലം ജഗതോ അതാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത് സദൈവ സ്വാമി ആ സീതാ അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ആ സത്യനിഷ്ഠ അതാണ് വേണ്ടത് യായതന യത് പ്രതിഷ്ഠാ സർവപ്രജാ സർവപ്രജകൾക്കും ശ്രയമായിരിക്കുന്നതിലാണ് പ്രജാന്ത ജീവന്മാർ സർവജീവന്മാരുടെയും നിലനിൽപ്പ് അതിലാണ് ആ സത്യത്തിൽ എന്ന് വെച്ചാൽ പരമാർത്ഥ സത്യം വ്യാവഹാരിക സത്യമല്ല അതിന് ഇവിടെയല്ല പ്രാധാന്യം വ്യാവഹാരിക സത്യത്തിന് ആത്മനിഷ്ഠയില പ്രാധാന്യം അതിന് സാധനയിലാണ് പ്രാധാന്യം സാധനയിൽ തന്നെ പ്രാധാന്യമുണ്ട് ആത്മനിഷ്ഠയെന്ന് പറയുന്നത് സാധനല്ല സിദ്ധിയാണ് ദൃഷ്ടാന്തത്തിൽ പറഞ്ഞത് വ്യാവഹാരിക സത്യത്തെയാണ് അത് നിങ്ങളുടെ സത്യം എപ്പോഴും പറയണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ല ആ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പാരമാർത്ഥികമായ സത്യബോധത്തിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ പറയുന്നത് എന്താണ് തത്വജ്ഞാനിയുടെ മുക്തിയെ കുറിച്ച് അപ്പൊ തത്വജ്ഞാനിയുടെ ആ നിലയിൽ മുക്തി എങ്ങനെ സംഭവിക്കുന്നു അത് പറയണം എന്തുകൊണ്ട് സത്യനിഷ്ഠമുണ്ട് ദൃഷ്ടാന്തവും ദാഷ്ടാന്തി എന്നുള്ള വ്യത്യാസം മനസ്സിലാവുന്നു ആ സത്യനിഷ്ഠമുണ്ട് ആ സത്യനിഷ്ഠ എന്താണ് ആ സത്യബോധം അത് അതാണ് ശ്രുതി ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് സദൈവ സൗമ്യ മുതൽ വിശദീകരിക്കുന്ന ആ സത്യബോധത്തെ കുറിച്ചാണ് പറയുന്നു അവിടെ എത്തണം അല്ലാതെ ഒരാൾ സത്യം പറഞ്ഞതുണ്ടായത് ആത്മബോധം കൂടാതെ മോചനമില്ല അത് സദാചാരമാണ് സദ്ധർമ്മമാണെല്ലാം ശരി അതുകൊണ്ട് ലൗകിക സത്യം ഇതുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കരുത് എച്ച മൂലം ജഗതോ അത് ജഗത്തിന് കാരണമാണ് കാരണം പറഞ്ഞു അതിൽ നിന്നാണ് സൃഷ്ടിയുണ്ടായത് അല്ലാതാണ് ഭൂതസൃഷ്ടിയെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് യഥായതായ പ്രതിഷ്ഠായ സർവ പ്രജാഹ യ സർവം ജഗത് പ്രത്യേക ശ്രദ്ധിക്കുക എവിടെ എന്താ പറയുന്നു യഥാത്മകം സർവം എന്നാ സർവം യഥാത്മകം സർവം നിറഞ്ഞ സർവവും സത്യവും അനടതവും എല്ലാം പോലീസും കള്ളനും ജഡ്ജിയുമെല്ലാം യഥാത്മകം ഏതൊരു സ്വരൂപമാണോ എന്നാണ് സർവവും യഥാത്മകം എനിക്ക് സർവം ഖലിതം ബ്രഹ്മ അതാണ് ഇവിടെ പറയുന്നത് ഈ കാണുന്നതെല്ലാം അതാണ് അസത്യമാണ് പക്ഷെ വ്യവഹാര സത്യത്തെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല വ്യവഹാരത്തിൽ സത്യമുണ്ട് അസത്യമുണ്ട് ൗകികമായി നമുക്ക് സത്യവും അസത്യവും എഴുതിരിക്കാൻ പറ്റും ഇവൻ പറയുന്ന സത്യം ഇത് മോഷ്ടിച്ചു പറഞ്ഞത് കള്ളം അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് പറയുന്ന സത്യം ഇങ്ങനെ സത്യ അസത്യങ്ങളെ വേഴ്തിരിക്കാം ഇവിടെ പറയുന്ന സത്യം അതല്ല യഥാത്മകന്യ സർവവും ആ സത്യമാണ് പരമാത്മ സ്വരൂപമാണ് അത് എന്താണ് അജം അമൃതം അഭയം ശിവം അദ്വിതീയം സർവവും അതാണെന്ന് അങ്ങനെ പറയാൻ പറ്റും ഇവിടെ കള്ളവും സത്യവും എല്ലാം ഉണ്ടല്ലോ എല്ലാം അതെങ്ങനെയാണ് ഇതാണ് ജഗത്തിനെ നമ്മൾ ഇത് കള്ളം ഇത് സത്യം എന്ന് വേട്തിരിക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ ഇരിക്കും ധർമ്മം അധർമ്മം നീതി സത്യം അസത്യം ഇങ്ങനെ ദ്വന്ദ്വാത്മകമായി ഇതന്നെ വേർതിരിച്ചു കഴിഞ്ഞാൽ അതാണ് ജഗത്ത് ഇതിങ്ങനെയിരിക്കത്തുള്ളൂ സ്ഥിതി പറയുന്ന എന്താണ് യഥാത്മകന്റെ സർവം ഇതെല്ലാം പരമാത്മ സ്വരൂപമാണ് ആ പരമാത്മ സ്വരൂമായി കണ്ടാൽ പിന്നെ ഇതിനെ ദ്വന്ദ്വാത്മകമായി വേർതിരിക്കാൻ പറ്റില്ല ഇത് സത്യമാണിത് അസത്യമാണ് ധർമ്മമാണിത് അധർമ്മമാണ് ഇത് നീതിയാണ് അനീതിയാണ് അങ്ങനെ വേർതിരിക്കാൻ പറ്റും പരമാത്മാവിൽ അങ്ങനെയുള്ള ഭേദകൽപ്പനയ്ക്ക് ഇടമില്ല പക്ഷെ ഇങ്ങനെ പറയുന്ന ഈ ഭേദകൽപ്പന എന്നുവെച്ചാൽ സത്യബോധം ഇല്ലാതെ വരുമ്പോൾ വരുന്ന ഈ ഭേദകൽപ്പന ഇതിനെയാണ് അനർത്ഥം എന്ന് പറയുന്നത് അല്ല സത്യത്തെ അനൃത് എന്ന് പറയുകയല്ല ഇങ്ങനൊരു കൽപ്പന ഉണ്ടല്ലോ ദുന്തു കൽപ്പന ദുന്തുപ്രതീതി ആ ദ്വന്തുപ്രതീതി വാസ്തവമല്ല എന്നാണ് മറിച്ചെന്താണ് അജം അമൃതം അഭയം ശിവം അദ്വിതീയം സർവം അതാണ് ഈ സർവവും എന്താണ് അജം അമൃതം അഭയം ശിവം അദ്വീയം ഇതാണ് ഇവിടുത്തെ സത്യം തത് സത്യം എന്നാണ് സദേവ ആ സത്യനെ കുറിച്ച് പറയാം അപ്പോ ഈ സർവാത്മകമായിരിക്കുന്ന ആ സത്യം ആ സത്യമാണ് സർവാത്മകമായിരിക്കുന്നത് അല്ലെങ്കിൽ സർവവും ആ സത്യം തന്നെ രണ്ട് രീതി പറയാം മറിച്ചൊരു ചിന്ത വരുമ്പോ ദ്വന്ദ്വാത്മകമായ ചിന്ത വരുമ്പോ ആ ചിന്തയെ നിഷേധിക്കാൻ വേണ്ടി പറയണം അനർഥം അത് ശരിയല്ല എല്ലാം സത്യമാണ് സത്യ മിഥ്യകളുടെ വ്യത്യാസമാണ് എന്നാൽ ഇവിടെ എന്തെങ്കിലും ഒരു അനർഥമുണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടിയല്ല മിഥ്യ എന്ന് പറയുന്നു അനർഥമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിഥ്യ എന്ന് പറയുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുന്നു ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ഒരു അനർത്ഥമുണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി മിഥ്യ എന്ന് പറയുന്നു അങ്ങനല്ല ഇവിടെ അനർഥമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മിഥ്യാശബ്ദം പ്രയോഗിക്കുന്നത് സത്യമേ ഉള്ളൂ എന്നാലേ ഇവിടെ പറയാൻ പറ്റും എന്താണോ അദ്വിതീയം എന്ന് പറയാൻ പറ്റും ഇവിടെ മിഥ്യ എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അദ്വിതീയം ശരിയാകത്തില്ല എന്തിനങ്ങനെ പറയേണ്ടി വരുന്നു അടുത്ത് ഭക്ഷിക്കാരൻ ആ ചോദ്യം തന്നെ ചോദിക്കും ഇവിടെ പുത്രൻ സത്താണെങ്കിൽ പിന്നെ എന്തിനുപദേശിക്കേണ്ടി വരുന്നു പറയുന്നു അങ്ങനെയൊരു പ്രതീതിയുണ്ട് ദ്വന്ദ് പ്രതീതി സത്യാസത്യത്തിന്റെ പ്രതീതിയുണ്ട് ധർമാധർമ്മ പ്രതീതിയുണ്ട് ആ പ്രതീതി ഉള്ള സത്യത്വ ബുദ്ധി അതിനെ നിഷേധിക്കുന്നുണ്ട് ഈ പ്രതീതിയാണ് സത്യം എന്ന് തോന്നുന്നത് ആ പ്രതീതിയിലുള്ള സത്യത്വ ബുദ്ധി നിഷേധിക്കേണ്ട അല്ലാതെ ഇവിടെ നിഷേധിക്കാനായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രതീതിയില്ല വാസ്തവത്തിലുള്ള ഒരു പ്രതീതിയില്ല അങ്ങനെ ഒരു പ്രതീതി ഉണ്ടെങ്കിൽ നിഷേധിക്കാനൊട്ട് കഴിയത്തുമില്ല എന്നാലേ അദ്വൈതം ശരിയാകത്തുള്ളൂ അദ്വൈതം മനസ്സിലാകത്തുള്ളു ഇത് മനസ്സിലായില്ലെങ്കിൽ അദ്വൈതം മനസ്സിലായില്ല അതാണിതെന്ന ചേർത്ത് പറയുന്നത് യഥാത്മകന്റെ സർവം അദ്വൈതീയം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം സത്യമായ ഒരു ബ്രഹ്മം മിഥ്യയായ ഒരു ജഗത്ത് അങ്ങനെ രണ്ടില്ല ഇവിടെ അദ്വൈതത്തിനങ്ങനെ രണ്ട് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അദ്വൈതം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പം അദ്വൈതത്തിന് രണ്ടാകും സത്യമായ ഒരു ബ്രഹ്മം മിക്കയായ ഒരു ജീവിതം അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് പറഞ്ഞു എന്താണ് യഥാത്മകം സർവം ഈ കാണുന്ന സർവ്വവും ഏതെന്നാണോ അതെന്താണ് അമൃതം അഭയം ശിവം അദ്വിതീയം തസത്യം അതാണ് ഏകത്വദൃഷ്ടി അദ്വൈതദൃഷ്ടി അദ്വൈതബോധം എന്ന് പറയുന്നത് സ ആത്മാ എങ്ങനെയാണോ സത്യത്തെ അവൻ സ്വീകരിച്ചപ്പോ ലൗകികമായ സത്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോ ഒരു കള്ളൻ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുപോലെ ഈ ജീവൻ അനാദിയായി ഈ അനർഥ പരമ്പരയിൽ അന്നതോന്നുവെച്ച കളാം ഭാഷകാര വാക്കാണ് ഈ അനിർത്ഥ പരമ്പരയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവൻ കള്ളൻ പരമാർത്ഥ സത്യത്തെ ഗ്രഹിക്കുമ്പോ അവൻ മുക്തനായിത്തീരുന്നു സ ആത്മാവ പറയുന്നു അതാണ് നിന്റെ സ്വരൂപം സത്യം സ ആത്മാവ ഇതാണ് ഇവിടെ ബോധിപ്പിക്കാൻ താല്പര്യം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാണ് ശ്രുതി പറയുന്നത് തഥഹാസ്യ വിജ്ഞ അവന് ബോധം വന്നു പിന്നെ ചോദിക്കുന്നില്ല ഭൂയ ഏവമേ ഭഗവാൻ വിജ്ഞാപയു ചോദിക്കുന്നില്ല അതാണ് നിന്റെ സ്വരൂപം അപ്പോൾ നിന്റെ സ്വരൂപമായിരിക്കുന്ന സത് ജഗത്തിന് കാരണമായിരിക്കുന്നു ഏതെന്നോണം സൃഷ്ടിച്ചിട്ട് അതിൽ തന്നെയാണ് പ്രവേശം ചെയ്തിരിക്കുന്നത് അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് തവ ആത്മാ അധ അതുകൊണ്ട് തത് സദേവ എന്ന് പറഞ്ഞ് ഇതുവരെ വിശദീകരിച്ച അത് ആ തീനിയാണ് അതിനപ്പുറം ഇവിടെ തത്വമസി കുറിച്ച് ഭാഷ്യകാരമെന്നും പറയുന്നു ലശ്രുതി പറയുന്നു ഗീതോ ഇതാർത്ഥം അസഹവാക്യം ഈ പലതവണ ആവർത്തിച്ച വാക്യം അതിന്റെ താല്പര്യം ുമ്പ്പ്പ്പതുപോലെ തന്നെ ഇവിടെ ഗ്രഹിക്കണം പക്ഷെ ഇപ്പോ കൂടുതൽ അത് വ്യക്തമാകും പറഞ്ഞു തന്നു കപ്പുനേതേതു ശബ്ദാർത്ഥ ആരാണിവിടെ ത്വം ശബ്ദത്തിന്റെ അർത്ഥമായി വരുന്ന നിഷേദഗേതു യോഹം സേതു കേതു ഋദ്ദാരഗസ്യ വേദ അഭ്മാനം സേതുകേതു ഇതുപോലെ ധരിച്ചിരുന്ന എന്താണ് ഞാൻ ഉദ്ദാലകന്റെ മകനാണ് ഗുരുകുലത്തിൽ പോയി വിദ്യ അഭ്യസിച്ചവനാണ് തിരിച്ച് പിതാവിൻ്റെ മുമ്പ് വന്നപ്പോൾ താൻ വിദ്യ ശൂന്യനാണെന്ന് ബോധ്യപ്പെട്ടു ഇതെല്ലാം ഞാനാണ് വിശേദഗീതു ആണ് അജ്ഞനാണ് അനുഥമുള്ളവനാണ് ഇത്തരത്തിലാണ് തന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് വേദ ആത്മാനം ഇവിടെ എന്ത് ചെയ്യുന്നു താൻ ആരാണെന്ന് മനസ്സിലാക്കി സത്ത് താൻ സത്താണ് അതാണ് ഇവിടെ മനസ്സിലായത് ആത്മാനം താൻ തന്നെയാണ് സൃഷ്ടിക്ക് കാരണമായ സത്തായിരിക്കുന്നത് സത്തായിരിക്കുന്ന താൻ തന്നിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടായത് താൻ സൃഷ്ടിച്ചതെന്നല്ല താൻ സൃഷ്ടിച്ചു പറഞ്ഞാൽ അത് അസംബന്ധം അധിക പ്രസംഗമായി കുറച്ച് ഇങ്ങനെ പറയണം അങ്ങനെ തന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് സൃഷ്ടിയുടെ കർത്തൃത്വം ഏറ്റെടുക്കാൻ ജീവനായേതകേതന് സാധ്യമല്ല പക്ഷെ തന്നിൽ നിന്നതെല്ലാം സംഭവിച്ചു എന്തുകൊണ്ട് സൃഷ്ട അനുപ്രാവശ്യം അങ്ങനെ ഈ സൃഷ്ടിയിൽ തൻ അനുപ്രവേശം ചെയ്തിരിക്കുന്നു സൃഷ്ടിച്ചിട്ട് അതിന് ഞാൻ കടന്നുകൂടിയിരിക്കുകയാണ് അപ്പൊ താൻ സൃഷ്ടിച്ചത് എങ്ങനെ ഈ കടന്നുകൂടിയ രൂപത്തിലല്ല സൃഷ്ടിച്ചെന്ന് പറയാം ആ രൂപത്തിൽ സത്തായിരുന്നപ്പോ സത് രൂപത്തിൽ ഇതൊക്കെ സൃഷ്ടിച്ചു എന്നിട്ട് ഇതിനകത്ത് കടന്നുകൂടിയപ്പോ ഇതിന്റെ ഒരു ഭാഗമായി ശില്പവും മനസ്സിലായി എന്താണ് വേദ ആത്മാനം സ്വസ്വരൂപത്തെ മനസ്സിലാക്കി താൻ സത്താണ് ഇവിടെ ഏകത്വം എന്നൊന്നും പ്രത്യേകിച്ച് പറയാനില്ല അതുകൊണ്ടാണ് ഭാഷകാലം പറയുന്നത് സദാത്മേകത്വം ഇവിടെ രണ്ടെണ്ണോ ഇല്ലല്ലോ ഏകമാക ഒന്നാക കാരണം സൃഷ്ടിക്കു മുമ്പ് ഒരു സത്ത് അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായ സത്ത് ആ സത്ത് തന്നെ സൃഷ്ടിയിലും തുടരുത് സൃഷ്ടിയോട് താതാത്മ്യത്തിൽ സൃഷ്ടി അതിനോട് താതാത്മ്യത്തിൽ ഇരിക്കുന്നു സൃഷ്ടി അതിൽ നിന്നും വേറി പിടിക്കാൻ വയ്യാത്ത ഇരിക്കുന്നു അപ്പോൾ ഈ സൃഷ്ടിയോട് വേർപ്പെടാൻ വയ്യാതിരിക്കുന്ന താൻ സൃഷ്ടിയെ തന്നിൽ നിന്ന് വേർപ്പെടുത്താൻ വയ്യാതിരിക്കുന്നു ആ താൻ സത് തന്നെയാണ് ആദേശം ഭേദാത്മാനം അറിഞ്ഞു എങ്ങനെയാ അറിയുന്നത് തന്നതാണെങ്കിൽ പിന്നെ അറിയേണ്ട കാര്യം തോന്നുന്നു സത്താണെങ്കിൽ പിന്നെ എന്തറിയാൻ അതിനിടെ സമാനം പറയുന്നു ഇവിടെ അറിയേണ്ടി വന്നു ആരൊന്നും പിതാവിൽ നിന്നും പിതാവായ ഗുരുവിൽ നിന്നും അതറിയേണ്ടി വന്നു എങ്ങനെ ശ്രുത്വ മത്വ വിജ്ഞായ കേട്ടു പക്ഷെ ധരിക്കാൻ കഴിഞ്ഞല്ല മത്വ ശ്രുത്വ ശ്രവണം ആ ശ്രവണം തത്വശ്രവണത്തിൽ അതുകൊണ്ടാണല്ലോ പറയുന്നത് ഭഗവാൻ വിജ്ഞാപിക്കൂ മത്വ മനനം ചെയ്തു ഇവിടെ പിതാവ് പുത്രനെ കൊണ്ട് മനനം ചെയ്യിപ്പിക്കുകയാണ് അതിനാണി ദൃഷ്ടാന്തങ്ങളല്ല തത്വമസീന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞുകൊടുത്തു ഉദാഹരണങ്ങളൊരു തത്വമാണ് എന്റെ വാക്യാർത്ഥമുണ്ടോ താല്പര്യം ശ്രവണത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ശബ്ദാർത്ഥ ജ്ഞാനം ഉണ്ടാവും ഉണ്ടാകാതെയും വരാം നമ്മുടെ മനസാന്നിധ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ശബ്ദവിൽപത്തിയില്ലെങ്കിൽ ശബ്ദാർത്ഥ ജ്ഞാനം പോലും ഉണ്ടാകാതില്ല ഏവരെ ശബ്ദജ്ഞാനം ഉണ്ടാകും അതുണ്ടായാൽ പോരാ ശബ്ദജ്ഞാനമോ ശബ്ദാർത്ഥ ജ്ഞാനമോ ഉണ്ടായാ പോരാച്ച് ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ആ ശ്രുതിയുടെ താല്പര്യത്തെയാണ് മുമ്പ് നമ്മൾ പറഞ്ഞാണ് ചിലടത്തെ ലക്ഷ്യമെന്ന് പറയുന്നതാണ് എന്താ ശ്രുതി പറയാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ കള്ളനും പോലീസും മജിസ്ട്രേറ്റിനും ഒന്നും അല്ല ശ്രുതി പറയാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കുന്നത് എന്താണ് അതറിയണമെങ്കിൽ മത്വാ മനനം വായിച്ചു വിഴുങ്ങിയാൽ പോരാ കേട്ട് വിഴുങ്ങിയാലും പോരാ മനനം ചെയ്യണം മനുഷ്യ താല്പര്യത്തെ ഗ്രഹിക്കുന്ന അവിടെയാണ് മനനത്തിലൂടെയാണ് പിന്നെ ഒരു കാര്യം നൂറ് തവണ കേൾക്കുമ്പോൾ നൂറാമത്തെ തവണയായിരിക്കും ചിലപ്പോൾ ഉള്ളിൽ ആശയം വരുന്നു ആശയസ്വന്തമാകുന്നു ഒരാശയത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സ്വന്തമല്ലോ അവരാശയമായി നമ്മുടെ മനസ്സീരിക്കത്തേ ഉള്ളൂ അതിനാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അടുക്കും ഇങ്ങനെ സംഭരിച്ചു വയ്ക്കും ശാസ്ത്ര അത് ഒരിക്കലും നമ്മുടേതാവും നമ്മൾ സ്വീകരിച്ചു വച്ചിരിക്കുകയാണ് മനസ്സത് ഗ്രഹിക്കണം എന്ന് വെച്ചാൽ വിജയിക്കാന്ന് പറഞ്ഞാൽ സ്വന്തമാവുക ആ തന്റേതായി മാറുക അതാണ് അത് മനനം കൊണ്ട് അതാ താല്പര്യം എന്റെ താല്പര്യം എന്ന് പറയുന്നത് പരമ താല്പര്യം ആത്മബോധം ആത്മബോധം എന്ന് നമ്മൾ കൈവശപ്പെടുത്തി സ്വരൂപബോധമാണ് അത് മനനം കൊണ്ട് സംഭവിക്കുന്നതാണ് അതാണ് പറയുന്നത് വിജ്ഞായ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഒരാശയം തന്റേതായി മാറുക അതാണ് അങ്ങനെയാണ് ദശമദൃഷ്ടാന്തം മറ്റും പറയുന്നത് വ്യാഘ്രദിഷ്ടാന്തം പല ദൃഷ്ടാന്തങ്ങളും പറയുന്ന ഇതാണ് അത് മനനഫലമായി ഉണ്ടാകുന്നതാണ് ശ്രവണഫലമായി താല്പര്യത്തെ ഗ്രഹിച്ചാൽ പിന്നെ മനനത്തിൻ്റെ ആവശ്യമുണ്ട് താല്പര്യത്തെ ഗ്രഹിക്കുന്നില്ല ശബ്ദാർത്ഥം ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഞാൻ വേദാന്തം പഠിച്ചു അദ്വൈതം പഠിച്ചു ശ്രുതി പഠിച്ചു പുനഷത്ത് പഠിച്ചു അതൊക്കെ നമ്മള് പറയും ഒരാളെ പഠിപ്പിച്ചു ഞാൻ പഠിച്ചു ശബ്ദാർത്ഥം ഞാൻ ഉണ്ടായി തലച്ചോറിന് ഭാരം ഉണ്ടായി വിശേഷമൊന്നും സംഭവിച്ചില്ല പഠിച്ചാണെങ്കി മറക്കുകയും ചെയ്യും പക്ഷെ അതിന്റെ താല്പര്യത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലാകുന്നു എന്താണ് ശ്രുതിയുടെ താല്പര്യം മനസ്സിലാവും ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നതാണ് വിജ്ഞാനം വിജ്ഞായ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അടുത്ത ഭാഷ പറയും ലഖ്യനത്തിനും പറയും വിജ്ഞാനം എന്ന് പറയുമ്പോ ഒരു പുതിയ അറിവിനെ കൊണ്ടുവരികയല്ല ആത്മാവിനെ ബോധിപ്പിക്കുന്ന ഒരു അറിവ് അതിനെ കൊണ്ടുവരികയല്ല അതിന്റെ ആവശ്യമുണ്ട് ആത്മാവിനെ ബോധിപ്പിക്കുന്ന മറ്റൊരറിവിനെ കൊണ്ടുവരുന്ന അല്ല വിജ്ഞാനം മറിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഉള്ള അജ്ഞാനകൽപ്പനകളെ നിരാകരിക്കുന്ന അറിവ് അതാണ് അറിവിനത്രേ ഉള്ളു പ്രയോഗം അശ്രുതം അമതം അവിജ്ഞാതം അതാണ് അതാണ് ഈ ഇവിടെ വരുന്ന വൈരുദ്ധ്യം അഭിജ്ഞാതം വിജ്ഞാതം എന്നാണ് അറിയാൻ വയ്യാത്തതിനാൻ വയ്യാത്തതിനെങ്ങനെ അറിയുന്നു ഇതെന്താ അസംബന്ധം അറിയുന്നു അറിയാൻ വയ്യാത്തതെന്ന് ഞാൻ അറിയാനൊക്കെ തരും ഞാൻ അറിയുന്ന എങ്ങനെയാണ് അതാണ് അറിവില്ലായ്മ നിരാകരിക്കുന്ന അറിവ് മറിച്ച് അറിവിനെ വെളിപ്പെടുത്തുന്ന അറിവല്ല അങ്ങനെ ഒരു അറിവില്ല അതാണ് പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ പ്രകാശ ആവശ്യമില്ലെന്ന് പറയുന്നു അങ്ങനെ ഒരു അറിവിന്റെ ആവശ്യം എന്താണ് അതാണ് ദശമദിഷ്ഠെന്നും പറയുന്നു പത്ത് പേര് നദി കടന്നു സാധുക്കളായിരുന്നു വേദാന്തൊന്നും പഠിച്ചിട്ടില്ല ശുദ്ധ ബുദ്ധികളായിരുന്നു അതുകൊണ്ടൊരാൾ എണ്ണി ഒമ്പത് പേരെ എണ്ണിട്ട് കിട്ടുന്നുള്ളൂ പ്രശുദ്ധഗതി കൊണ്ടാണ് അല്ലെങ്കിൽ മണ്ടത്തരൊന്നും പറയാം തന്നെ എണ്ണുന്നില്ല എന്നറി തന്നെ കൂടി എണ്ണേണ്ടതാണ് ഇങ്ങനെയും മണ്ടന്മാരുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടാവും ഇത്തരം അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റാതെ ഒരാൾ പറയുന്നു പത്താമത്തവൻ നീയാണ് നേരത്തെ താൻ തന്നായിരുന്നു പത്താമത്തവൻ ആയിരുന്നു പക്ഷെ പത്താമത്തവൻ താൻ എന്നുള്ള ആ ബോധം ഉണ്ടായിരുന്നില്ല അവിടെ വരി അതിന് പകരം ഉണ്ടായിരുന്നു ഒരു മറവ് താൻ പത്താമത്തവനാണെന്നുള്ള ബോധത്തിനൊരു മറവുണ്ടായിരുന്നു അതിന അന്നത്തെ അഭിസന്ധി എന്ന് പറയുന്നു ഒരാൾ പറയുന്നു നീ പത്താമത്തവനാണ് ആ മറവെന്ന് മാറുന്നു അവിടെ പുതുതായൊരു പത്താമത്തവൻ ഉണ്ടാകുന്നില്ല പക്ഷെ അറിവിന് പ്രയോജനം ഉണ്ടായി എന്താണ് ആ മറവങ്ങ് മാറി അത്രയേ ഉള്ളൂ അവിടെ പത്താമത്തവനെ സൃഷ്ടിച്ച ഒരു അറിവൊന്നുമില്ല മറമാറ്റിയൊരറി അതുപോലെ അവിജ്ഞാതമായിരിക്കുന്ന ഇതിലെ മറയെ മാറ്റുന്ന അറിവ് അതാണ് വിജ്ഞാതം എന്ന് പറയുന്നത് അശ്രുതം അമതം അഭിജ്ഞാതം വിജ്ഞാതം പിതരം അതിനുവേണ്ടി പിതാവിനോട് അതിനെ നേരിട്ടറിയണം അനുഭവിക്കണം എന്നുവെച്ചാൽ ഈ മറകളെല്ലാം മാറണം അനുഭവിക്കുക എന്ന് പറയും എന്റെ താല്പര്യം അതാണ് വ്യക്തമായി പറയും അവിടെ പ്രത്യേകിച്ച് ഒരു അറിവിനെ എന്നുള്ളതല്ല മറിച്ച് ഈ അറിവില്ലായ്മേ മാറ്റുക വ്യാക്രം സാധാരണ പേരുടെ കഥ പറയും അത് കുറുക്കന്മാരുടെ കൂട്ടത്തിൽ വളർന്നു അത് സ്വയം അതിന്റെ ജീവിതാചരണങ്ങളിരുന്നു അപ്പോ വ്യാക്രങ്ങൾ വ്യാഖ്രത്തിന്റെ കൂട്ടം അത് പറഞ്ഞു നീ ഇവരുടെ കൂട്ടത്തിൽ കഴിയേണ്ടതല്ല നീ വ്യാക്രമാണോ നിമിഷം കൊണ്ട് അതിന്റെ ഭാവം മാറുന്നത് അത് തന്നെ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന കഥ അവിടെയെല്ലാം ഇത് തന്നെയാണ് ഉദാഹരണം തന്നെയാണ് ഇവിടേക്ക് എന്താണ് ചെയ്യുന്നത് ആ അറിവ് ഒരറിവ് ഇവിടെ വേണ്ടി വന്നു ആ അറിവ് ആ അറിവില്ലായ്മയും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അറിവിനെ പ്രകാശിപ്പിക്കാനുണ്ട് അതുകൊണ്ട് അത് അഭിജ്ഞാതം തന്നെ എന്നും അത് അഭിജ്ഞാതം തന്നെ അറിയാൻ പറ്റുമെന്ന് ആ മറയെ മാറ്റിക്കഴിഞ്ഞ അതിനൊരു അറിവ് വേണ്ട അത് വേണം അതിനാണ് ഇവിടെ പറയുന്നത് ശത്വമത്വ വിജ്ഞായ അവരറിവ് ആവശ്യമാണ് ഒരറിവും വേണ്ടെന്നൂടെ പറയുന്നുണ്ട് പക്ഷെ അറിവിനെ ഇതിനറിയുന്ന അറിവെന്ന് ധരിക്കരു കഥം ഭഗവത് സാദീസുബോധീതി സയേഷു അതികൃത ശ്രോത മന്ദ വിജ്ഞാത തേജോ ഗന്നമയം കാര്യകന സംഘാതം പ്രവിഷ്ഠ പര ഏവദേവത നാമരൂപ വ്യാകരണായ ആദർശയുവ പുരുഷ സൂര്യാദിപ ജലൌ അതോ പ്രതിബിംബരൂപേണ സ ആത്മാനം കാര്യകർണേഭ്യ പ്രവിഭക്തം സദ്രൂപം സർവാത്മാനം പിതണാത്മവിതജ്ഞ എന്തുകൊണ്ട് പുത്രനെതി ചോദിക്കേണ്ടി വന്നു പുത്രൻ ആ സത്താണല്ലോ ആ സത്തായിരുന്നിട്ട് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുകൊണ്ട് ചോദിക്കേണ്ടി വന്നു അതിനാണ് ഇവിടെ പറയുന്നത് സ യേശു അധികൃത ഇവിടെ ജീവഭാവത്തിൽ വന്നു കർത്താവും ഭോക്താവുമായി ഇതെല്ലാം ചെയ്യാൻ കടപ്പെട്ടവനായി കർത്തൃത്വബോധമുള്ളവനായി അതാണ് അത് ബാഹ്യമായ കർമ്മങ്ങളിൽ മാത്രമല്ല ശ്രോത മന്ദ വിജ്ഞാതാണ് ശ്രവണം മനനം വിജ്ഞാനം ഇതൊക്കെ ആർക്കാണ് ഉണ്ടാകുന്നത് ആരെല്ലാം ഇതൊക്കെ സംഭവിക്കുന്നത് അവനാണ് പറയുന്നത് ശ്രോതാ മന്ദാ വിജ്ഞാതാവായിരിക്കുന്നത് പരമാർത്ഥത്തിൽ ആത്മാത്രം എന്നാലും അവിടെ ഒരു ശ്രോതാവ് വന്നല്ലേ ഗുരുവിൻ്റെ അടുത്ത് പോയി തത്വത്തെ ശ്രവിക്കുന്നവർ ശ്രോതാവ് അവിടെ തന്നെ ഒന്നില്ലേ ഒരു മനനം ചെയ്യുന്നവൻ അവിടെ തന്നെ ഒരു വിജ്ഞാതാവ് പറയുന്നു ആത്മബോധമുള്ളവൻ ോത മന്ദ വിജ്ഞാതനായി മാറി ഇതെങ്ങനെ മാറി തേജോബണ്ണമയം കാര്യീകരണ സംഘാതം പ്രവിഷ്ഠ പരേവദേവത അപരാദേവതീ ദേവതാ ശബ്ദമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അതുകൊണ്ട് ഭാഷകാരനും പറയുന്നു പരാദേവത സദേവ സൗമ്യ ഇതമഗ്രഹാസീത എന്നുള്ളത് സത് ശബ്ദം കൊണ്ട് പറഞ്ഞ പരാദേവ അതിൽ നിന്നാണ് ഇതെല്ലാം സംഭവിച്ചത് ഈ സൃഷ്ടി തേജോപന്ന രൂപത്തിലുള്ള സൃഷ്ടി സംഭവിച്ചതിൽ നിന്നാണ് ആ സൃഷ്ടിയിൽ കാര്യീകരണ സംഘാതം ആ സൃഷ്ടിയുടെ ആ നിരന്തരമായ പ്രക്രിയയിൽ തേജോപന്ന മയങ്ങളെല്ലാം മാറി മാറി പരിണമിച്ച് ശരീര ഇന്ദ്രിയ മനോരൂപത്തിലേക്ക് മാറി മാറിക്കഴിഞ്ഞപ്പോഴോ ആ ദേവത തന്നെ അതിലേക്ക് പ്രവേശിച്ചു ആ ദേവതാരൂപത്തിൽ അത് മാറിയിരിക്കുകയാണ് സൃഷ്ടിച്ചിട്ടും മാറിയിരിക്കുകയാണ് അതിനോടൊന്നും ഇടപെടാതെ തേജോവന്നങ്ങൾ വേറെ പരാദേവത വേറെ പക്ഷേ ആ സൃഷ്ടി കാലം കൊണ്ട് പരിണമിച്ച് ശരീര ഇന്ദ്രിയ മനോരൂപങ്ങൾ വന്നപ്പോൾ ആ ദേവത തന്നെ ഇതിലേക്ക് താതാത്മ്യപ്പെട്ടു പരാ ഇവദേവത നാമരൂപം വ്യാകരണമായ അതിന് നാമരൂപ സൃഷ്ടി വീണ്ടും നടത്തണം ജാഗ്രസ്വപ്നങ്ങളിൽ അതിന് നാമരൂപ സൃഷ്ടി നടത്തണം ആ ദേവതയ്ക്ക് നാമരൂപം വ്യാകരണമായ നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ഇതിനോട് താതാന്യപ്പെട്ടു ആ ദേവത ഇതിനോട് താതാന്യപ്പെടാതിരുന്നാൽ ഇവിടെ ഈ നാമരൂപങ്ങളുടെ പ്രകടനമില്ല അതാണ് അത് പ്രത്യേകം പറയുന്നത് പരാവ ദേവത അതിനാണ് ഭാഷകാരൻ നേരത്തെ സുഷൃക്തി ജാഗ്രതത്തിനെ വേർതിരിച്ചു കാണിച്ചത് ആ ദേവത സുഷൃതിയിലാണെങ്കിലോ സത്തായി തന്നെ ഇരിക്കുന്നു അവിടെ നാമരൂപങ്ങളുടെ പ്രകടനമില്ല ജാഗ്രത്തിലേക്ക് വരുമ്പോഴോ നാമരൂപം വ്യാകരണം അവിടെ സംഭവിക്കുന്നു ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി സംഭവിക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ പോലെ കാര്യകരണ സംഘാതം പ്രവിഷ്ഠ ഇതിനോടൊരു സത്യമായിട്ടൊന്നും സംഭവിച്ചില്ല ഒരു കാല്പനികമായ താതാത്മ്യം സംഭവിച്ചു മായാമയമായ ഒരു താത്മ്യ പിടികിട്ടാത്ത ഒരു താതാത്മി എന്നെ പറയാൻ പറ്റും ബുദ്ധിക്കുകൂടി കാരണമായതുകൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ വയ്യാത്ത ഒന്ന് സംഭവിച്ചു ആയ അനധം അവിദ്യ അസത്യം മിഥ്യ ഈ ശബ്ദങ്ങളെല്ലാം കൊണ്ട് പറയുന്നത് ഒരു ദുഷ്ടാന്തം പറയുന്നു അത് വാസ്തവമല്ല എന്നുള്ളതിനാണ് ദൃഷ്ടാന്തം പറയുന്നു ആദർശൈവപുരുഷ സൂര്യാതരിക ജലാതോ പ്രതിബിംബ രൂപീണ പ്രതിബിംബം എന്ന് പറയുന്നത് കണ്ണാടി എന്ന് പറയുന്ന ഒരു വസ്തു അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പുരുഷൻ അവന്റെ പ്രതിബിംബം പതിഞ്ഞു അവിടെ ചോദിക്കും ആ പുരുഷൻ സത്യമല്ലേ പുരുഷൻ അവിടെയുണ്ടല്ലോ കണ്ണാടി സത്യമല്ലേ കാണുന്നുണ്ടല്ലോ ഇനി പ്രതിബിംബവും സത്യമല്ലേന്ന് ചോദിച്ചാൽ നിഷേധിക്കാൻ പറ്റത്തില്ല പ്രതിബിംബവും സത്യമാണ് എന്തുകൊണ്ട് കണ്ണാടി വന്നു പുരുഷം വന്നു പ്രകാശം വന്നു ഇതിനെ പോലെ തന്നെ ഒന്നാണ് അതിൽ കാണുന്ന പ്രതിബിംബവും പുരുഷനും കണ്ണാടിയും വിളിച്ചും എന്നാൽ ഉള്ളിടത്തോളം കാലം അതിന്റെ ഒരു സത്യത്വം ആ പ്രതിബിംബത്തിനുമുണ്ട് കാരണം അതവിടെ കാണുന്നുണ്ടല്ലോ ഒന്നു പറയാം അത് പുരുഷനല്ല അത് ശരിയാണ് എന്താ പ്രതിബിംബം അസത്യം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം പ്രതിബിംബം പ്രതീതമാണ് പ്രതിബിംബ അനുഭവത്തിന് വിഷയമാണ് അങ്ങനെ ഒന്ന് അവിടെ സംഭവിച്ചതാണ് അനുസരിച്ച് ഇത്രേ പറയാൻ പറ്റുമോ അത് പുരുഷനല്ല പ്രതിബംബ അസത്യം എന്ന് പറയണമെങ്കിൽ എന്ത് വേണം പ്രതിബിംബം കാണാതിരിക്കണം കണ്ടനുഭവിക്കുന്ന ഒന്നിനെ പുരുഷനെ പോലെ കണ്ണാടിയെപ്പോലെ കണ്ടനുഭവിക്കുന്ന പ്രതിബിംബത്തിന് നമുക്ക് അസത്യം എന്ന് പറയാൻ പറ്റില്ല മറിച്ച് ഒന്നു പറയാം അത് പുരുഷനല്ല പുരുഷന്റെ ഛായയാണ് പുരുഷന്റെ സത്യത്വം അതിനില്ല ഛായക്ക് എന്തുകൊണ്ട് ഛായയിൽ മുറിവേറ്റാല് പുരുഷന് മുറിവേക്കുന്നില്ല ചായക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ പുരുഷന് സംഭവിക്കുന്നില്ല അപ്പോ ഛായ അല്ല പുരുഷന് ഇത്രയേ പറയാൻ പറ്റും പക്ഷേ ചായ അവിടെ ഉണ്ട് പ്രതീതമാകുന്നുണ്ട് ഇതിനെല്ലാത്തിനും ചേർന്ന് പുരുഷനും പ്രതിബിംബത്തിനും ചായയ്ക്കും എല്ലാം ചേർന്ന് ഒരു സത്യത്വമുണ്ട് പക്ഷെ അത് പരമാർത്ഥമുണ്ട് കേവലം അനുഭവ വിഷയമായ ഒരു യാഥാർത്ഥ്യം അതിനെല്ലാം ഇരിപ്പുണ്ട് അതാണ് ജീവന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജീവനഛായ എന്ന് പറയുന്നത് ഇത് അസത്യം എന്ന് പറയുന്നത് നിഷേധിക്കാൻ വയ്യ കാരണം സ്വാനുഭവമാണ് ഇതിനെ നിഷേധിച്ചാൽ പിന്നെ നിഷേധിക്കുന്നവനേയും നിഷേധിക്കേണ്ടി വരും ആരാ നിഷേധിക്കുന്നത് അപ്പോൾ ആ നിഷേധത്തിന്റെ താല്പര്യം എന്താണോ ഇത് പരമാർത്ഥമല്ലാന്നാണ് മനസ്സിലന്നെന്താ പരമാർത്ഥമല്ല പറയുന്നു സത് അസത്താണ് പരമാർത്ഥം സദ്രൂപമാണ് ഈ കാണുന്ന ഈ ജീവഭാവം ഈ താതാത്മ്യഭാവം ഇത് പരമാർത്ഥഭാവമല്ല പുരുഷ സൂര്യാദ്രീവ ജലാതവും പ്രതിബിംബരൂപേണാത്മാനം കാര്യകർണേഭ്യ പ്രവിഭക്തം അതാണ് പുരുഷൻ തന്നെ പ്രതിബിംബത്തിൽ നിന്നും വേറിട്ടറയും പ്രതിബിംബം അവിടെ നീക്കട്ടെ സത്യം അസത്യം എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് തീരുമാനിക്കാം പിന്നീട് പക്ഷെ താൻ ആ പ്രതിബിംബത്തിൽ നിന്ന് വേറിട്ടാണോ അങ്ങനെ മനസ്സിലാക്കുന്നു താൻ പ്രതിബിംബമുള്ള ബിംബമാണ് അതാണ് ആ സ ആത്മാനം പ്രതിബിബത്തെ കാണുന്നുവെന്ന് തിരിച്ചറിയുന്നു തന്നെ കാര്യകർണേ പ്രവിബത്തോ ഏതെന്തിനാണോ താതാന്യപ്പെട്ടിരിക്കാതെ വേർതിരിച്ച് അറിയുന്നു അതാണ് വിവേകം ഒരു ശിശുവിന് സാധ്യമല്ല ശിശു തന്റെ പ്രതിബിംബത്തെ നോക്കിയിട്ട് കരയും ചിരിക്കും അതിനോട് സംസാരിക്കും അതിന് ആഹാരം കൊടുക്കും സത്യബുദ്ധിയുണ്ട് ഇവിടെ അങ്ങനെയല്ല പ്രവിഭക്തം സദ്രൂപം സർവാത്മാനം ഉപദേശം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് പറയുന്നത് അതിൽ നിന്നെല്ലാം എന്നുള്ളതിന്റെ വിപരീതമാണ് പ്രവിഭക്തം ആ താതാത്മ്യം നഷ്ടപ്പെട്ട് സദ്രൂപം സത്തായി സർവാത്മാനം സർവാത്മാവായി വണ ആ പിതാവിൽ നിന്ന് കേൾക്കുന്നത് വരെ ന വിജഞ്ഞു അവൻ അതിനെ അറിഞ്ഞില്ല എന്നാ ഈ കാര്യങ്ങളെല്ലാം തനതായിരുന്നിട്ടും തത്തായിരുന്നിട്ടും തന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് ഉണ്ടായിൽ താൻ തന്നെ അനുപ്രവേശം നടത്തി എന്നിട്ട് താൻ തന്നെ വീണ്ടും നാമരൂപങ്ങളെ പ്രകടമാക്കുന്നു പക്ഷെ ഈ കാര്യങ്ങളൊന്നും ശ്രവണ പിതാവിൽ നിന്നും അത് കേൾക്കുന്നതിന് മുമ്പ് വിജ്ഞനറിയില്ലായിരുന്നു പിതാവിൽ നിന്നും അറിയുന്നതിന് മുമ്പ് അവൻ്റെ മറ മാറിയിരുന്നില്ല അജ്ഞാനമറ മാറിയിരുന്നില്ല അതാണ് ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസത്തൂടെ കാണിക്കുന്നത് സത്യനിഷ്ഠയും മറച്ചു എന്ത് സംഭവിക്കുന്നു കാണിക്കുന്നു അത് ഇതീം പിത്ര പ്രതിബോധിത തീതി ദൃഷ്ടാന്തൈ ഹേതുഭിശ്ചിതം തദ്വഹം അസ്മീതിജ്ഞാത അടുത്ത ശ്രുതി ഇത് ശ്രുതി പറയുകയാണ് ജഡ്ജി പറയുന്ന കൃതി എന്താ പറയുന്നത് അത് ഇതാനും പിത്ര പ്രതിബോധിത പിതാവ് അവനെ ബോധിപ്പിച്ചു അവന് വേണ്ട അറിവുണ്ടാക്കി കൊടുത്തു എങ്ങനെ തത്വമസീതി ദൃഷ്ടാന്ത ഹേതുബിശ്ച ദൃഷ്ടാന്തത്തെ കൊണ്ട് അതിനെ സമർത്ഥിക്കുന്ന യുക്തികളെ കൊണ്ട് തത് പിത കിലുക്തം തദ് സദേവാഹം അസ്മീതി വിജജ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും അറിഞ്ഞുവെന്താണ് സദൈവമസ് ഞാൻ സത്താണ് ജീവനല്ല ഈ കാര്യക്കരണ സംഘാതങ്ങളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നവനല്ല ഈ സൃഷ്ടിക്ക് കാരണമായി ഇരിക്കുന്ന തന്നെയാണ് അതാണ് ഈ സൃഷ്ടിയോട് താതാന്മ്യപ്പെട്ടിരിക്കുന്നത് ആ സത്തായ തൻ്റെ ഉണ്മയാണ് ഈ സൃഷ്ടിയിലെല്ലാം സത് സത്തായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സദ്രൂപത്തിൽ അവൻ അറിഞ്ഞു അതുകൊണ്ട് അവിടെ പിന്നീട് ചോദ്യം ചോദിക്കുന്നില്ല ആ ശ്രവണ മനനങ്ങളിലൂടെ അവൻ നിശ്ചയാത്മകമായി സത്യാഭിസന്ധി സത്യനിശ്ചയം വന്നപ്പോ അതുവരെ ഇതിനെ അറിയുന്നതിന് തടസ്സമായിരുന്ന അജ്ഞാന സംശയ വിവരങ്ങൾ അവനിൽ നിന്നും മാറി ഇപ്പൊ തത്വം മസി എന്ന് പിതാവ് ബോധിപ്പിച്ചപ്പോ അവൻ അറിഞ്ഞേ എങ്ങനെ സദസ്മി എന്നാണ് നമ്മൾ സാറിന് പറഞ്ഞൊരു അഹംബ്രഹ്മാസ്മി എന്നല്ല ഇവിടെ ശ്രുതി പറയുന്ന എന്താണ് സദേവ ഞാൻ സത്താവുന്നു എന്ത് സസ്വരൂപത്തെ അങ്ങനെ ബോധ്യപ്പെട്ടു